ഭഗവാനെ തപസ് ചെയ്യുന്നതായിട്ടാണ് തപസ് ചെയ്യുന്ന സ്വയംഭൂ മനുവിന്റെ ഹൃദയത്തില് ജഗത്തിന് മുഴുവൻ നാഥനായ ആ പ്രഭു ബ്രഹ്മവിദ്യാസ്വരൂപനായി ഉപനിഷത്തെ സ്വരൂപമായിട്ട് പ്രകാശിച്ചു ഉപനിഷത്തെ സ്വരൂപമായിട്ട് മനു ഭഗവാനെ ശുദ്ധ ചേതനാസ്വരൂപനായിട്ട് ചൈതന്യമാത്ര സ്വരൂപനായിട്ട് ഹൃദയത്തില് സാക്ഷാത്കരിച്ചു അങ്ങനെയാണ് അഷ്ടമ സ്കന്ധം ആരംഭിക്കണത് ഏന ചേതയത്തെ വിശ്വം വിശ്വം ചേതയതേസ് ഏതൊരു വസ്തു ആണോ ഈ ജഗത്തിനെ മുഴുവൻ ചേതന കൊടുക്കണത് പുറകെ ഇരുന്ന് ചോദിപ്പിക്കണത് പ്രകാശിപ്പിക്കണത് ഏതൊന്നിനെ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനും പ്രകാശിപ്പിക്കാൻ സാധ്യമല്ലയോ ഏന ചേതയതേ വിശ്വം വിശ്വം ചേതയതേ നയം ഈ കാണുന്ന അനന്തമായ വിശ്വത്തിന് പ്രപഞ്ചത്തിന് മുഴുവൻ പ്രകാശദാതാവായി പ്രപഞ്ചത്തിനെ ഭാസിപ്പിക്കുന്ന വസ്തുവായിട്ടുള്ള ആ ബ്രഹ്മം അത് നമുക്ക് ദിനന്തോറും അനുഭവപ്പെടുന്നു യോ ജാഗ്രേ നമ്മളൊക്കെ ഉറങ്ങുമ്പോ അവൻ ഉണർന്നിരിക്കുന്നു നമ്മളുടെ ഏറ്റവും അടുത്ത് വിശ്വത്തിനു മുഴുവൻ ആധാരമായ വസ്തുവിനെ നമ്മളുടെ സ്വരൂപമായി നമുക്ക് കാണിച്ചു തരണം അപ്പോഴേ പ്രയോജനപ്പെടുന്നു അല്ലാതെ എവിടെയോ ഇരിക്കണോ എന്ന് പറഞ്ഞാൽ എന്നുപോയി കാണുവോ അറിയില്ല ഇവിടെ ഇപ്പോ ആത്മസാക്ഷാത്കാരം കിട്ടിയാൽ ഉണ്ട് അല്ലാതെ നാളെ മറ്റന്നാളെ ജീവിത അന്ത്യത്തിൽ മരിക്കുമ്പോ എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ വയ്യ അപ്പൊ ഇപ്പോഴേ വസ്തു ഇവിടെയെ കിട്ടിയ വസ്തുവായിട്ടുണ്ട് യോ ജാഗർത്തി ശയാനേസ്വിൻ നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും അത് ഉണർന്നിരിക്കണം ജാഗ്രത്തിൽ നിന്നും സ്വപ്നത്തിലേക്ക് പോകുമ്പോ യസ്വപ്നേഷു യസ്വപ്തേഷു ജാഗർ കാമം കാമം പുരുഷോ നിർമ്മിമാണ തദേവ ശുക്രം തദ് തതേവ അമൃതമുച്ച തസ്മിൻ ലോകാശ്രിതാ സർവേ താതി കശന ഏതദ് കഠോപനിഷത്തില് നജികേതസ് എന്നുള്ള ആ കൊച്ചുകുട്ടി യമന്റെ അടുത്ത് ചോദിച്ചു ആത്മാ എന്താണ് അപ്പൊ യമൻ പടി കാണിച്ചു കൊടുത്തു ആദ്യത്തെ പടിയാണ് ധ്രുവൻ പറഞ്ഞത് ധ്രുവൻ പറഞ്ഞത് എന്താണ് ഈ ശരീരത്തിൽ ആരു ഉള്ളിൽ കയറിയിരുന്ന് കണ്ണിലൂടെ കാണുന്നുവോ ചെവിയിലൂടെ കിഴക്കണമോ മൂക്കിലൂടെ മണക്കണമോ നാക്കിലൂടെ രുചിക്കണമോ തൊക്കിലൂടെ സ്പർശിക്കണമോ ആരാണോ ഇതിനകത്ത് ഉണർവായിട്ട് ബോധമായിട്ട് ചൈതന്യമായിട്ട് ഇരുന്നു കൊണ്ട് ഇതൊക്കെ അനുഭവിക്കണത് ആ പുരുഷന് നമസ്കാരം എന്ന് ധ്രുവൻ ഇത് ജാഗ്രത അവസ്ഥയിൽ ആത്മാവിനെ കാണിച്ചു തന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് അതേപോലെ ഉപനിഷത്തിലെ ആദ്യത്തെ പടി കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് മുതലായ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഉള്ളിലിരിക്കണ വസ്തു എല്ലാത്തിനും ഉത്തരം ഞാൻ ഞാൻ കാണുന്നു ഞാൻ കേൾക്കണു ഞാൻ മണക്കണു ഞാൻ രുചിക്കണു ഞാൻ സ്പർശിക്കുന്നു അപ്പൊ ഈ ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്ന് ജാഗ്രത അവസ്ഥയിലുള്ള ആത്മവിചാരം രണ്ടാമത്തെ പടി യമൻ തന്നെ പറഞ്ഞുകൊടുത്തു കുഞ്ഞ് രാത്രി ഉറങ്ങുമ്പോൾ കിടന്നുറങ്ങുന്ന സമയത്ത് ശരീരം നിശ്ചലമായി കടക്കുമ്പോഴും ഏതൊരുത്തൻ ഉണർന്നിരുന്നു കൊണ്ട് കാമം കാമം പുരുഷോ നിർമ്മിമാണ അനേക ദൃശ്യങ്ങളെ സ്വപ്നങ്ങളെ പൊന്തിച്ചുകൊണ്ടുവന്ന് എവനാണോ കാണുന്നത് ശരീരം ജഡമായി കടക്കുമ്പോഴും ഏതൊരുത്തൻ ഉണർന്നിരുന്ന് അനേക സ്വപ്നങ്ങളെ കാണുന്നു അവനാണ് ആത്മ തതേവ ശുക്രം തദ് അവനെ കണ്ടുപിടിക്കൂ ശരീരത്തിൽ നിന്നും വ്യതിരിക്തനായിട്ട് ശരീരം ജഡമായി കിടക്കുമ്പോഴും ഏതൊരുത്തും ഉണർന്നിരുന്ന് അനേക ദൃശ്യങ്ങളെ പൊന്തിച്ചുകൊണ്ടുവന്ന് അനുഭവിക്കണോ അവനെ കണ്ടുപിടിക്കൂ എന്ന് രണ്ടാമത്തെ പടി അതാണ് ഇവിടെ മനുവും പറഞ്ഞത് യോ ജാഗർത്തി ശയാനേസ്മിൻ അവനെ എങ്ങനെ അറിയാം അവനെ ആർക്കും അറിയാൻ പറ്റില്ല അവനാണ് പ്രപഞ്ചത്തിനെ മുഴുവൻ അറിയണത് എന്താന്ന് വെച്ചാൽ അവന്റെ സ്വരൂപമേ അറിവ് അറിവേ സ്വരൂപമായിട്ട് ജ്ഞപ്തിയെ സ്വരൂപമായിട്ടുള്ള അവനെ കണ്ടെത്തണം മൂന്നാമത്തെ പടി എന്താണ് ദൃശ്യങ്ങളൊന്നുമില്ലാതെ സുഖമായി ഉറങ്ങി എന്ന് പറയണ സുഷുപ്തി യാതൊന്നും കാണുന്നില്ല യാതൊന്നും അറിയുന്നില്ല യാതൊന്നിനെയും സ്പർശിക്കണില്ല രുചിക്കണില്ല എന്നിട്ടും ഇന്ദ്രിയ വ്യാപാരവും മാനസിക വ്യാപാരവും മനസ്സ് ലയിച്ചു ബുദ്ധി ലയിച്ചു ശരീരം നിശ്ചേഷ്ടമായിരിക്കണു എന്നിട്ട് പറയണു സുഖമായിരുന്നു അപ്പൊ ആ സുഖം എവിടുന്നു വന്നു ആ സുഖം സ്വരൂപസുഖം പുറത്തുനിന്ന് ഒന്നും ചെയ്തതുകൊണ്ട് കിട്ടിയ സുഖമല്ല കണ്ടതുകൊണ്ട് കിട്ടിയ സുഖമല്ല രുചിച്ചതുകൊണ്ട് കിട്ടിയ സുഖമല്ല ഉള്ളിലുള്ള സുഖം പുറമേക്ക് വന്നു അപ്പൊ ആ സുഖമേ സ്വരൂപമായിട്ടുള്ള വസ്തുവിനെ മൂന്നാമതായിട്ട് കാണാം എന്നിട്ട് നാലാമതായിട്ട് എന്താണ് എന്നുവെച്ചാൽ ഈ സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രത്തിലും ഒരേ പോലെ എന്താണെന്ന് കണ്ടുപിടിക്കണം ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ജാഗ്രതത്തിൽ ശരീരമുണ്ട് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് ഞാനുണ്ട് സ്വപ്നത്തിൽ ശരീരമില്ല മനസ്സുണ്ട് ബുദ്ധി പ്രവർത്തിക്കുന്നു അല്പസ്വല്പം അപ്പോഴും ഞാനുണ്ട് സുഷുപ്തിയിൽ ശരീരവും ഇല്ല ബുദ്ധിയോ ഒന്നുമില്ല എല്ലാം ലയിച്ചപ്പോഴും ഞാനുണ്ട് അപ്പൊ മൂന്നവസ്ഥയിലും അന്വയവ്യതിരേകം മൂന്നവസ്ഥയിലും തെരഞ്ഞു നോക്കുമ്പോ മൂന്നവസ്ഥക്കും സാക്ഷിയായി അറിവായി ജ്ഞപ്തിയായി ബോധമായിട്ട് ഉണർവായിട്ട് ചൈതന്യമായിട്ടു കൊണ്ട് ആ വസ്തുവിനെ തെളിച്ച് അനുഭവിച്ചാൽ സദാ വർത്തിക്കുന്നത് പോക്കുവരവില്ലാതെ വർത്തിക്കുന്നത് ബാക്കിയൊക്കെ വന്നും പോയും കൊണ്ടിരിക്കും ജാഗ്രതത്തിലെ ദൃശ്യങ്ങളൊക്കെ സ്വപ്നത്തിൽ പോകണം സ്വപ്നത്തിലെ ദൃശ്യം ജാഗ്രതത്തിലില്ല സ്വപ്നത്തിലും ജാഗ്രതത്തിലും ഉള്ള ദൃശ്യം സുഖമായി ഉറങ്ങുന്ന സുഷുപ്തി അവസ്ഥയിലില്ല അപ്പൊ ഇതൊക്കെ വന്നു പോകുന്നു സുഷുപ്തി അവസ്ഥ ജാഗ്രതത്തിലും സ്വപ്നത്തിലുമില്ല പക്ഷെ മൂന്നവസ്ഥക്കും സാക്ഷിയായിട്ടുള്ള ബോധം ഉണർവ് മൂന്നിനെയും അനുഭവിക്കുന്ന അനുഭവി അനുവാണെങ്കിൽ പറയാം അറിവ് ജ്ഞപ്തി അതാണ് ആത്മ ആത്മവസ്തുവിനെ കണ്ടെത്തുക എന്നിട്ട് മനു പറഞ്ഞു ഉപനിഷത്തുകൾ എവിടെയൊക്കെ ആത്മാ എന്ന് പറയണോ അതിനെയൊക്കെ ഭാഗവതം ഭഗവാൻ എന്ന് പറയും ഭാഗവതം ആരംഭിക്കുമ്പോഴേ പറഞ്ഞു ഭഗവാൻ പരമാത്മാ ബ്രഹ്മം ഇത് മൂന്നും പര്യായ പദം എന്ന് പറഞ്ഞു ബ്രഹ്മേതി പരമാത്മേത്തി ഭഗവാൻ ഇതി ശബ്ദത്തെ ഇത് മൂന്നും ഒരേ വസ്തുവിനെ മൂന്ന് പേര് പറഞ്ഞു വിളിക്കുന്നു ഭക്തന്മാര് ഭഗവാൻ എന്ന് പറയുന്നു യോഗികൾ പരമാത്മ എന്ന് പറയുന്നു ഔപനിഷത്തന്മാര് ഉപനിഷത്തുകാർ ഋഷികള് ദർശികളായ ഋഷികള് ബ്രഹ്മം എന്ന് പറയുന്നു മൂന്നും വസ്തു ഒന്ന് തന്നെ ഭാഗവതം ഭഗവാൻ എന്ന് സാധാരണ പറയും പക്ഷേ ഉപനിഷത്ത് ഒരിടത്ത് ഈശ്വരൻ എന്ന പദം പ്രയോഗിച്ചു ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന് ഉപനിഷത്ത് പറഞ്ഞു ആ മന്ത്രത്തിനെ ഭാഗവതം എടുത്ത് ആത്മാവാസ്യമിതം വിശ്വം എന്ന് പറഞ്ഞു ഈശാവാസ്യതം സർവം എന്ന് പറഞ്ഞതിനെ ഭാഗവതം അതേ മന്ത്രത്തിനെ എടുത്തിട്ട് പറഞ്ഞു ജഗത്തിനെ മുഴുവൻ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കൂ കാണുന്നതൊക്കെ ആത്മസ്വരൂപമായിട്ട് തീരട്ടെ ആത്മാവിൽ നിന്ന് അന്യമായി ഒരു വസ്തുവില്ല ആത്മാവിൽ നിന്ന് അന്യമായിട്ട് എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ അതൊക്കെ തന്നെ ആത്മാവിൽ പൊന്തി കാണുന്ന നാമരൂപം മാത്രം നാമരൂപത്തിന് യാതൊരു വിധത്തിലും അതിന്റെ അധിഷ്ഠാനത്തിനെ വിട്ടിട്ട് ഒരു അസ്തിത്വമില്ല അതുകൊണ്ട് നാമരൂപങ്ങളൊന്നും ഉണ്മയല്ല ഉണ്മയായിട്ടുള്ളത് ആത്മാത്രം ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപം യത്കിഞ്ച ജഗത്യാം ജഗത് ഇവിടെ ജഗത്ത് എന്ന് വെച്ചാൽ രാഗദ്വേഷം നർത്തം എന്തൊക്കെ വസ്തുക്കൾ പ്രത്യേക വസ്തുക്കളായിട്ട് പ്രകാശിക്കുന്നുണ്ടോ അതിനൊക്കെ ആത്മാവായിട്ട് കാണണം ഏതൊക്കെ വസ്തുക്കൾ നമ്മളെ പ്രത്യേകിച്ച് ആകർഷിക്കുകയോ വെറുപ്പുണ്ടാക്കുകയോ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ആത്മാവായിട്ട് കാണണം അങ്ങനെ ആത്മാവായിട്ട് കാണണം എന്ന് വെച്ചാൽ എന്താ ആത്മാവിൽ പൊന്തി നാമരൂപമാണ് വാസനകളാണ് എന്നറിഞ്ഞാൽ പതുക്കെ അടങ്ങും ഇങ്ങനെ ഉപനിഷത്തിനെ മനു ചൊല്ലി അഷ്ടമ സ്കന്ധം ഈ ഉപനിഷത്ത് എല്ലാവർക്കും പ്രകാശിക്കോ എപ്പോൾ പ്രകാശിക്കും ഇത്തരത്തിലൊരു ഉപനിഷത്തിനെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഉള്ളിൽ കണ്ടെത്തണം റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പുസ്തകം ഉപനിഷത്ത് പഠിച്ചാൽ പോരാന്നാണ് ഉപനിഷത്തെല്ലാവരുടെ ഉള്ളിലുമുണ്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപനിഷത്ത് ഉദ്ധരിക്കാം കുഴപ്പമില്ല പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ള ഉപനിഷത്തിനെ നമ്മൾ കണ്ടെത്തണം അതെല്ലാവർക്കും സാധിക്കുവോ ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരല്ലേ എല്ലാവരും പറയണതാണ് അപ്പൊ ശ്രീശുഖബ്രഹ്മ മഹർഷി പറഞ്ഞു മനുഷ്യരല്ല ഒരാനയ്ക്ക് സാധിച്ചു അപ്പൊ നിങ്ങൾക്ക് സാധിച്ചുകൂടെയാണ് ഒരയ്ക്ക് സാധിച്ചു ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ പറഞ്ഞു മനുഷ്യനാവണമെന്നേ ഇല്ലാന്നാണ് മൃഗമോ പക്ഷിയോ കീടമോ കൊതുകോ എന്താണെങ്കിലും ശരി ആരുടെ ഹൃദയത്തിൽ ഈ ബ്രഹ്മതത്വം പ്രകാശിച്ചുവോ അയാളുടെ ജീവിതം ധന്യം നരത്വം ദേവത്വം നഗവന മൃഗത്വം പശു കീടത്വ വിഹഗിജനം സദാ ത് പദാബ്ജസ്മരണ പരമാനന്ദ വിഹാരാസക്തം ചേ ഹൃദയമഹന വപുഷാ നരത്വം ദം നഗവന മൃഗത് നീയൊന്നു പറയാനില്ല മനുഷ്യനാവട്ടെ ദേവനാവട്ടെ മൃഗമാവട്ടെ കീടമാവട്ടെ മശകം മഷകംന്ന് വച്ചാ കൊതുകാവട്ടെ കൊതുകിനു പോലും ഭക്തി എന്നാണ് സത്സംഗത്തിൽ ചിലപ്പോ കൊതുകിനും ഭക്തി ഉണ്ടാവും സത്സംഗത്തിൽ കൊതുകിനെ പോലെ ഉപകാരം ചെയ്യുന്നവര് വേറെ ആരുമില്ല എന്താന്ന് വെച്ചാ ഇവിടെ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോ ഉറങ്ങും ഒരു കടികടിച്ച് എഴുന്നേപ്പിച്ചിടും അപ്പം മശകത്വം എന്താണെങ്കിലും വാൽമീകി രാമായണത്തില് ആ ജഡായു ഭഗവാന് വേണ്ടി ത്യാഗം ചെയ്തിട്ട് മരിച്ചു കിടക്കണോ അവസാന വാക്ക് സീത ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞ് രാമനെ നോക്കിക്കൊണ്ട് പ്രാണത്യാഗം ചെയ്തു അപ്പൊ ശ്രീരാമചന്ദ്രൻ ജഡായുവിനെ അങ്ങനെ ആലിംഗനം ചെയ്ത് പിടിച്ചുകൊണ്ട് കണ്ണീര് വിട്ടുകൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു എങ്ങനെ ദശരഥ മഹാരാജാവ് എനിക്ക് മാന്യനും പൂജ്യനുമോ തഥായും പഥകേശ്വര അതുപോലെ ഈ പക്ഷിശ്രേഷ്ഠൻ ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു ലക്ഷ്മണനോട് മനുഷ്യരില് മാത്രമേ മഹാത്മാക്കളുള്ളൂ എന്ന് വിചാരിക്കേണ്ട സർവത്രലു ദൃശ്യന്ദേ സാധവോ ധർമ്മചാരിണ ശൂരാഹ ശരണ്യ സൗമിത്രേ തിരിയോനിഗതേഷന്നാണ് പക്ഷിമൃഗാദികളിൽ പോലും മഹാത്മാക്കളെ കാണാം അപ്പോ മനുഷ്യനു മാത്രമാണെന്ന് വിചാരിക്കണ്ട ആർക്കും സാധിക്കും ആര് ശരണാഗതി ചെയ്യടുവോ ആര് തന്റെ ബലത്തിനെയും താൻ ബലത്തിനെയും വിട്ട് ജഗത്തിനു മുഴുവൻ സയേവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത് പ്രഹ്ലാദൻ ഇന്നലെ പറഞ്ഞ പോലെ ബലമേ വൈകുണ്ഠതാം ജഗത്തിനു മുഴുവൻ ബലം ഭഗവാനാണ് എന്ന ഭാവത്തോടെ ആര് ശരണാഗതി ചെയ്യുന്നു അവന് ഉപനിഷത്ത് പ്രകാശിക്കും ബ്രഹ്മവിദ്യ പ്രകാശിക്കും അങ്ങനെ ഉപനിഷത്ത് പ്രകാശിച്ച ഒരു ആനയുടെ കഥയാണ് ഗജേന്ദ്രമോക്ഷം കഥ ഉപനിഷത്ത് പ്രകാശിച്ച ആന ത്രികൂടപർവതം ത്രികൂട പർവതത്തില് ചുറ്റും സമുദ്രം ചൂട് നിൽക്കുന്ന ആ സ്ഥലം ആ കൊടുങ്കാട്ടില് ധാരാളം മൃഗങ്ങളുണ്ട് മൃഗങ്ങൾക്കൊക്കെ രാജാവ് സിംഹമാണ് അതുകൊണ്ട് മൃഗേന്ദ്രൻ എന്ന പേര് സിംഹത്തിന് യോജിക്കുന്നതാണ് പക്ഷെ ഇവിടെ ആ കാട്ടിലെ രാജാവ് ഒരു ആനയാണെന്നാണ് ഗജേന്ദ്രൻ ആനകൾക്ക് എപ്പോഴും കൂട്ടത്തിന് ഒരു നേതാവ് അം അതുപോലെ ആനക്കൂട്ടങ്ങൾ ധാരാളം ആനക്കൂട്ടങ്ങളുണ്ട് അതിനൊരു നേതാവ് ഗജേന്ദ്രൻ ഈ ഗജേന്ദ്രൻ പുരാണത്തിലുള്ള ഏതോ കഥാപാത്രം മാത്രമല്ല ധാരാളം ഗജേന്ദ്രന്മാരെ നമുക്ക് കാണാം എല്ലാമേ സിംബോളിക്കായിട്ട് ഇങ്ങനെ ശ്രീ സുഖബ്രഹ്മ മഹർഷി പറഞ്ഞുവയ്ക്കും വ്യക്തികളെ എടുത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഗജേന്ദ്രൻ മഹാബലശാലി ആന എന്ന് വച്ചാലേ ബലമുള്ളത് അതും നേതാവായിട്ടുള്ള ആന അപ്പൊ ധാരാളം തന്റെ ബലവും താൻ വിശ്വസിച്ചിരിക്കുന്നവരുടെ കൂട്ടാളികളുടെ ബലവും രണ്ടുമുള്ള ആളാണ് ഗജേന്ദ്രൻ അങ്ങനെയുള്ള ആന മതിച്ചു നടക്കണം ആന എന്ന് പറഞ്ഞാൽ തന്നെ മതം ഉള്ളതാണല്ലോ മതം അഹങ്കാരം ഉള്ളതാണ് അതിനാണ് മതം മതത്തിന് രണ്ടർഥമുണ്ട് ആനയ്ക്ക് ഇളകുന്ന മതവും അഹങ്കാരവും അപ്പൊ ആന ഈ കൊമ്പന ആന കൂട്ടത്തോടു കൂടെ കാട്ടിലങ്ങനെ വസിക്കണം സുഖിച്ചു വസിച്ചു നല്ല സന്തോഷം സന്തോഷത്തിന് എന്താ മനുഷ്യന് മുഖ്യമായിട്ട് വേണ്ടത് സെക്യൂരിറ്റി ഫീലിംഗ് ആണ് എല്ലാരും അതിനുവേണ്ടിയാ ഓടി നടക്കും പണം സമ്പാദിക്കുന്നത് അതിനുവേണ്ടിയാണ് വീട് കെട്ടുന്നത് അതിനുവേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത് അതിനുവേണ്ടിയാണ് കല്യാണം കഴിച്ചാൽ ഒരു കുട്ടി ഉണ്ടാവണം എന്താ നാളെ നമ്മളെ ആരെങ്കിലും നോക്കണം അതും എല്ലാത്തിനും ജഗത്തിനെ മുഴുവൻ ഒരു സർവേശ്വരൻ കാത്തു രക്ഷിക്കണമെന്ന് വിശ്വാസമില്ലാതെ പണം രക്ഷിക്കും പണം രക്ഷിക്കും പണം രക്ഷിക്കും എന്ന് വിചാരിച്ച് അവസാനം പണമായിട്ട് പോകും കുട്ടികൾ രക്ഷിക്കും വീട് രക്ഷിക്കും ഗവൺമെന്റ് രക്ഷിക്കും അല്ലേ അപ്പൊ ഈ രക്ഷയ്ക്കുള്ളതാണ് ആർക്കാണോ ഏകദേശം ഒരുമാതിരി രക്ഷയുണ്ടെന്ന് തോന്നണത് ധാരാളം പണമുണ്ട് രക്ഷിക്കാൻ കൂടെ ധാരാളം ആളുകളും ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് തൽക്കാലത്തേക്ക് ഒരു സന്തോഷമുണ്ടാവും അതിലൊരു അഹങ്കാരവും വരും അതിലൊരു അഹങ്കാരവും വരും ബാങ്കിൽ ധാരാളം ഡെപ്പോസിറ്റുണ്ട് നല്ല വീടുണ്ട് ജോലിക്കാരുണ്ട് നോക്കാൻ ആളുണ്ട് മക്കളുണ്ടെന്ന് വെച്ചാൽ ഈശ്വരൻ എന്തിനു വേണമെങ്കിൽ ഒരു ഫാഷൻ പോലെ അമ്പലത്തിൽ പോയി നമസ്കരിച്ചിട്ട് വരുമായിരിക്കും അല്ലാതെ ഉള്ളുകൊണ്ട് സർവേശ്വരനെ ആശ്രയിക്കാന്നുള്ളത് ഒരു ഘട്ടം വരെ വരില്ല പക്ഷെ ഭഗവാൻ അങ്ങനെ വിടില്ല ഒരു ഘട്ടമാവുമ്പോൾ ഭഗവാൻ തോന്നിക്കും ഇതാ ഈ വിശ്വസിച്ചത് മുഴുവൻ കള്ളം എന്ന് തോന്നിക്കും പക്ഷെ അതുവരെ നമ്മൾ രസിക്കും ആഹാ ജീവിതം എന്ത് സുഖം ഇങ്ങനെയാണ് വേണ്ടതെന്ന് തോന്നും അതേപോലെ ഈ ആനയും ഗജേന്ദ്രനും തന്റെ ആന പിടിയാനകളെയൊക്കെ കൂട്ടി കൊമ്പനാനകളും പിടിയാനകളും ഒക്കെ ആയിട്ട് അടുത്തൊരു സരസിലിറങ്ങി നല്ല വെള്ളം സുഖമായ വെള്ളം അടുത്തൊക്കെ വൃക്ഷങ്ങൾ ഇങ്ങനെ പൂത്തു പൂത്തു നിൽക്കണു വൃക്ഷങ്ങളിൽ നിന്നുള്ള മഞ്ഞ നിറത്തിലും പുഷ്പങ്ങൾ ഉതിർന്ന് വെള്ളത്തിൽ വീണ് ആ വെള്ളം മുഴുവൻ പുഷ്പത്തിന്റെ സുഗന്ധം പൂമ്പടി പേറി ഒഴുകി നടക്കുന്ന നദി സരസ് അതിൽ ആ വെള്ളത്തിൽ മുഴുവൻ ഈ പൂമ്പൊടി ഇങ്ങനെ നിക്കുന്നു സുഗന്ധം അതിലേക്ക് ഈ കൊമ്പനാനകള് പിടിയാനകളുമായിട്ട് ഇറങ്ങി വെള്ളത്തിലിറങ്ങിയിട്ട് ഇങ്ങനെ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ വെള്ളമെടുത്ത് പിടിയാനകളുടെ മേത്തേക്ക് എറിയാണ് പിടിയാനകള് തുമ്പിക്കൈ കൊണ്ട് വെള്ളം കൊമ്പനാനകളുടെ മേത്തേക്ക് എറിയാണ് ഇങ്ങനെ ജലക്രീട സ്വപുഷ്കരേണ ഉദ്ധൃതം ശീകരം ഭൂഭിഹി നിപായയും സംസ്നപയും ശ്രീ സുഖബ്രഹ്മ മഹർഷി അവിടെ ഒരു പദം വെച്ചു സുഖാചാര്യ ഒരു പറഞ്ഞു ഈ സരസിലിറങ്ങുമ്പോ അതിനകത്ത് എന്ത് അപകടം ഒളിഞ്ഞിരിക്കണോന്ന് അറിയാതെ ഇറങ്ങി എന്താണ് ഈ സരസ് എന്ന് വെച്ച സംസാരം അതിൽ വെള്ളം എടുത്ത് കളിച്ചു വെറുതെ എന്ന് പറഞ്ഞാൽ പോരെ അവിടെ ഒരു ഉദാഹരണം ചേർക്കണു യഥാഗ്രഹി ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന പൊട്ടക്കിണർ സുഖമാണെന്ന് ധരിച്ച് രമിക്കുന്ന ഗൃഹസ്ഥാശ്രമിയെ പോലെ കളിച്ചു യഥാഗ്രഹി എന്ന് പറഞ്ഞു ഇത് പരമസുഖമാണ് ഇവിടെ ഒക്കെ സുഖം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ച് കളിക്കണ പോലെ ഗജേന്ദ്രൻ കളിച്ചു അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാലില് എന്തോ വന്നു പിടിച്ചു കാലില് എന്തോ വന്നു പിടിച്ചു എന്താണെന്ന് നോക്കിയില്ല എന്തോ കാലില് വന്നു പിടിച്ചു ആർത്തിവ്യക്സേ ദുർനിരോധം യുദ്ധം തം തത്സരാണാം സഹസ്രം ജ്യഗ്രാഹീനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശാന്തി അവിടെ ഈ ആനയുടെ കാലിൽ എന്തോന്ന് വന്ന് പിടിച്ചു പിടിച്ചപ്പോ ആന എന്തോ കാലിൽ ഒടക്കിയല്ലോ ഈ മുതലെ എല്ലാരെയും പിടിക്കും അന്തകോരകം എന്ന് ഭാഗവതം പറഞ്ഞു ഒന്നും സുഖബ്രഹ്മ മഹർഷി വെറുതെ കഥയായിട്ട് പറഞ്ഞില്ലേ നമ്മൾ അതിലെ വാക്കുകൾ കാണുന്നില്ലേ അത്രയുള്ളൂ കഥകഥയായിട്ട് പറഞ്ഞിട്ട് അതിനകത്തുള്ള കാര്യം കാണുന്നില്ലേ വാക്കുകളൊക്കെ വ്യക്തമായിട്ട് വെച്ചിരിക്കുന്നു മുതല പിടിച്ചു എന്ന് വെച്ചാൽ എന്തു മുതലാ സുഖാചാര്യർ തന്നെ പറഞ്ഞു അന്തകോരകം അന്തകനാവുന്ന ഉരകം വന്നു പിടിച്ചു മായ യമനാവുന്ന ഉരകം കാലമാവുന്ന ഉരകം വന്ന് പിടിച്ചു കാലമാവുന്ന മുതല വന്ന് പിടിച്ചപ്പോ വലിക്കുക പതുക്കെ ആന നോക്കി ആ ചെറിയ ഒരു മുതല അതൊന്നും സാരമില്ല ഒന്നു കൊടഞ്ഞാ പോവും ഇങ്ങനെ അത്ര വിചാരിക്കുക സുഖമായിട്ടിരിക്കുന്ന ആള് തനിക്ക് ധാരാളം സമ്പത്ത് തന്നെ സഹായിക്കാൻ ആളുകൾ ആ സമയത്ത് തനിക്കൊരു ദുഃഖം വരും എന്ന് സ്വപ്നയെ പി വിചാരിച്ചിട്ടില്ല ഒരു സ്വപ്നം പോലെ ഒരു ദുഃഖം വന്നാൽ ആവൂ ചെറിയത് അതൊന്നും ഒരു കൊടകൊടഞ്ഞാ പോകുമെന്ന് വിചാരിക്കും അപ്പോഴാണ് അത് വിടണില്ല മുതല ഏ ഇത് ബലമുള്ളതാണെന്ന് തോന്നുന്നു ഒന്ന് ബലമായിട്ട് വലിച്ചു മറ്റേ കാലുകൊണ്ട് ഇരടി നോക്കി അപ്പോഴും രക്ഷയില്ല തന്റെ ശക്തി മുഴുവൻ പ്രയോഗിച്ചു നോക്കി രക്ഷയില്ല അപ്പൊ പറഞ്ഞു പിടിയാനകളുടെ അടുത്തൊന്ന് വലിച്ചു വിടാൻ പറഞ്ഞു ഒന്ന് വലിച്ചു തരുമോ ഒന്ന് സഹായിക്കോ പിടിയാനകളൊന്നു വലിച്ചു നോക്കി രക്ഷയില്ല ആ കൊമ്പനാലകളെ കൊണ്ട് വലിക്കാൻ പറഞ്ഞു കൊമ്പനാനകളെല്ലാം വലിച്ചു നോക്കി ഓരോരുത്തരായി വലിച്ചു എല്ലാരും ചേർന്ന് വലിച്ചു രക്ഷയില്ല ഇതാണ് ഇങ്ങനെയാണ് ആ അന്തകോരകം വന്ന് പിടിക്കുമ്പോ ഇങ്ങനെ പോകും ജീവിതം അപ്പോഴാണ് പെട്ടെന്ന് മുമ്പെന്ന് പിടിക്ക പിടിക്കുന്ന സമയത്ത് തന്റെ ശക്തി മുഴുവൻ അതിലിട്ടാലും ഒക്കെ പോകും പ്രയോഗവും പ്രയോജനവുമില്ല താൻ വിശ്വസിക്കുന്നവർ ഓരോരുത്തരായി സഹായിക്കാൻ വന്നാൽ അവരുടെ ശക്തിയും പോകും എന്നല്ലാതെ ഒന്നും പ്രയോജനപ്പെടില്ല തന്റെ ശക്തിയും നഷ്ടപ്പെട്ടു താൻ ആരില് വിശ്വസിച്ചിരിക്കണവോ അവരുടെ ശക്തി നഷ്ടപ്പെട്ടു ഇപ്പൊ ആരെയും വിശ്വസിക്കാൻ നിവൃത്തിയില്ല തന്റെ ബലത്തിനെയും വിശ്വസിക്കാൻ നിവൃത്തിയില്ല താൻ വിശ്വസിച്ചിരിക്കുന്നവരുടെ ബലത്തിനെയും വിശ്വസിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള ഘട്ടം ആയപ്പോ ഈ അടുത്ത് നിൽക്കുന്ന ആനകൾ ഓരോന്നായി പോയി ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായി പോയി ഇതാണ് ലോകത്തിന്റെ സ്വഭാവം ആരും വേണമെന്ന് വെച്ചിട്ടല്ല അവർക്ക് അവരുടെ ലിമിറ്റേഷൻ ഉണ്ട് ഒന്നും സഹായിക്കാൻ പറ്റില്ല ആ ഒരു ഘട്ടം എത്തിയപ്പോ ആനകൾ ഓരോരുത്തരായി പോയി അത്രേ പിടിയാനകളൊക്കെ പിറുവിറുക്കാൻ തുടങ്ങി എത്ര നേരം നമ്മളിവിടെ നിൽക്കും ഇതാ കുട്ടികളൊക്കെ വിശന്ന് കരയാൻ തുടങ്ങി നമുക്ക് വീട്ടിലേക്ക് പോവാം പിടിയാനകൾ ഓരോരുത്തരായി പോയി അവസാനം രണ്ടു കൊമ്പനാനകൾ അവര് നിൽക്കണു കുറച്ചുനേരം ഗജേന്ദ്രനെ ഇങ്ങനെ നോക്കി നിന്നു അവസാനം അതിലൊരു കൊമ്പനാന പറഞ്ഞു നീ ഇവിടെ നിൽക്ക് ഇയാളെ നോക്കിക്കൊണ്ട ഞാൻ പോയിട്ട് വേറെ ആളെ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞു ഒരേ പോക്ക് പോയി No <laughs> ീ ഒരു ആന മാത്രം കാവൽ എല്ലാ നാട്ടിലും എല്ലാ ഗ്രാമത്തിലും എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു സാധുണ്ടാവും എല്ലാത്തിനും അയാളുടെ തലയിൽ വെച്ചിട്ട് അവിടെ നിർത്തിയിട്ട് പോവും എല്ലാവരും പോയി ഈ ഒരു ആന തനിയെ അവിടെ നിന്നു കുറച്ചുനേരം അത് കഴിഞ്ഞപ്പോ ഗജേന്ദ്രൻ പറഞ്ഞു നീയും പൊയ്ക്കോ നീ ഇവിടെ നിന്നിട്ട് എന്തു ചെയ്യാൻ പോണു എനിക്കൊരു പ്രയോജനം ഇല്ല എന്റെ തലവിധി അപ്പൊ പറഞ്ഞു അതെ അതെ അങ്ങക്കിങ്ങനെ വരാൻ പാടില്ലായിരുന്നു കഷ്ടം എന്ന് പറഞ്ഞാൽ അതും പോയി അപ്പോഴാണ് തനിക്ക് ആരുമില്ല താനും ഇല്ല അതാണ് തനിക്ക് താൻ മാത്രം എന്ന് പറയാൻ വയ്യ താനുണ്ടെങ്കിൽ തൻറെ ബലമെങ്കിലും പ്രയോജനപ്പെടണമല്ലോ തൻറെ ബലവും പ്രയോജനപ്പെട്ടില്ല താൻ ആരിലൊക്കെ വിശ്വസിച്ചിരിക്കണോ അവരുടെ ഒരാളുടെയും ബലം പ്രയോജനപ്പെട്ടില്ല എന്ന് കണ്ടപ്പോ ആനെ ചിന്തിച്ചു ഇനി ഞാൻ ആരെ ആശ്രയിക്കും ഇനി ഞാൻ ആരെ ആശ്രയിക്കും ഗ്രാഹേണ പാശേണ വിധാ ദുരാപ്പി അഹം ചതം യാമി പരം പരായണം ഇവിടെ ഗജേന്ദ്രൻ ആനയല്ല ആനയുമാണ് പക്ഷെ നമ്മളിൽ ഓരോരുത്തരിലും ഓരോ ഗജേന്ദ്രനുണ്ട് മതമാണ് ഈ ഗജേന്ദ്രന് ഞാൻ ചെയ്യണു ഞാൻ കർത്ത ഞാൻ ഭോക്ത എന്റെ ജീവിതം എന്റെ കയ്യിലുണ്ട് ഞാൻ വിചാരിച്ചാൽ നടക്കും എന്നൊക്കെ ഒരു ഘട്ടം വരെ വിചാരിക്കാം ഒരു ഘട്ടം കഴിയുമ്പോ നമുക്ക് ഈ സത്യം ബോധ്യമാവും നമ്മളുടെ ശക്തിയും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നവരുടെ ആരുടെ ശക്തിയും കൂടെ നിൽക്കണില്ല എന്ന് ബോധമാവുമ്പോ ഈ ഗജേന്ദ്രനെ പോലെ ചിന്തിക്കും ഗജേന്ദ്രൻ ചിന്തിച്ചു ഞാൻ ഇനിയിപ്പോ എന്തു ചെയ്യും ഈ മുതലാ എന്ന് പറയണ ഒരു കയറിട്ട് എന്നെ വിധാതാവ് വലിക്കുകയാണിപ്പോ ഇപ്പൊ ഞാൻ ആരെ ശരണം പ്രാപിക്കും ഏതോ ഒരു മഹാശക്തി ആനെ ആരെ അറിയും അല്ലെ നമ്മളെ ഭഗവാനെ നമ്മളെ പോലെ തന്നെ രൂപം കൊടുത്ത് ഭജിക്കണം നമ്മളെ പോലെ സാധാരണമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഭഗവാന് കുറച്ച് കയ്യൊക്കെ എക്സ്ട്രാ വെച്ചു കൊടുത്ത് ഭഗവാന് കുറച്ച് രൂപ വ്യത്യാസപ്പെടുത്തി കാണുന്നു ഏത് രൂപമാണ് ഭജിക്കേണ്ടത് ശിവമഹിംന സ്തോത്രത്തിൽ പുഷ്പനന്ദൻ പറഞ്ഞു ഭഗവാനെ അവിടുത്തെ ചിലർ വിഷ്ണു എന്ന് പറയണു ചിലർ ശിവൻ എന്ന് പറയണു വിഷ്ണുവിലെ പലരും പല രൂപങ്ങൾ പറയണു ശിവനിൽ പല രൂപങ്ങൾ പറയണു ഓരോരുത്തരും ഓരോ രൂപം പറയണു അവിടുന്ന് ആരാന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഒരു വിധത്തിൽ അങ്ങോട്ട് നമസ്കരിക്കാം യാദൃശോസി മഹാദേവ താദൃശായ നമോ നമ അവിടുന്ന് ഏതു രൂപത്തിലുള്ള ആളാണോ ആ രൂപത്തിലുള്ള അവിടുത്തെക്ക് നമസ്കാരം അല്ലാതെ അവിടുത്തെ ലക്ഷണങ്ങളോ രൂപമോ വർണ്ണമോ താമസസ്ഥലമോ ഒന്നും ഞാൻ അന്വേഷിക്കുന്നില്ല യാദൃശോസി മഹാദേവ താദൃശായ നമോ നമ ഗജേന്ദ്രൻ പറഞ്ഞു ഏതോ ഒരു മഹാശക്തി പ്രപഞ്ചം മുഴുവൻ ആ ശക്തിക്ക് വഴങ്ങിക്കൊടുത്ത് ജീവിക്കുമ്പോ നമ്മൾ മാത്രം അജ്ഞാനം കൊണ്ട് ഞാൻ അത് ചെയ്യണം ഞാൻ ഇത് ചെയ്യണം ഞാൻ അങ്ങനെ ചെയ്യണം ഞാൻ ഇങ്ങനെ ചെയ്യണം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ജീവിതം നടക്കില്ല എന്റെ ജീവിതത്തിനെ ഞാൻ നോക്കണം എത്ര അഹങ്കാര വൃത്തികള് അഭിമാന വൃത്തികൾ ഭഗവാൻ രമണ മഹർഷി പറയും ട്രെയിനിൽ പോണ ഒരാള് നല്ല എ സി ടു ടയർ എസിൽ എടുത്തിട്ട് വലിയൊരു സൂട്ട് തലയിൽ വെച്ചിട്ട് ഇരിക്കാത്ര ആദ്യമായിട്ട് പോവാണ് പാവൻ ട്രെയിനിൽ അപ്പൊ നല്ല മനുഷ്യനാണേ അപ്പൊ അടുത്തുള്ളവര് ചോദിച്ചു എന്തിനായി ഇത്രയും വലിയൊരു സൂട്ട് കേസ് ഈ ട്രങ്ക് പെട്ടി തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത് അപ്പൊ അയാള് പറഞ്ഞു പാവം ട്രെയിൻ ഇത്രയും ചുമക്കണു എന്റെ പെട്ടി ഞാൻ ചുമന്നോളും തലയിൽ വെച്ചാലും ചുവട്ടില് വെച്ചാലും ട്രെയിനാണ് ചുമക്കാൻ പോണത് അല്ലേ നമ്മള് തലയിൽ വെച്ചാൽ നമ്മളെയും പെട്ടിയും ചേർത്തി ട്രെയിൻ തന്നെ ചുമക്കണത് ചുവട്ടിൽ വെച്ചാലും അപ്പൊ ഭംഗിയായിട്ട് സ്വതന്ത്രമായി അത് ചുവട്ടിൽ വെച്ച് സുഖമായിരുന്നു ഇടെ ജഗത്തിനെ മുഴുവൻ ഒരു സർവേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോ സകല കാര്യങ്ങൾ കഴിച്ച ഊണ് വയറ്റിൽ പോയി എന്താവണോ നമുക്കറിയോ നാടികളും നരമ്പുകളും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമുക്കറിയോ അത് വലത് നമ്മളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്താവും എത്ര വലിയ ഫാക്ടറിയാന്ന് നടക്കണമെന്നറിയോ ഉള്ളില് കഴിച്ച ആഹാരം ഡൈജഷൻ നമുക്കാണെങ്കിൽ നമ്മൾ ആരും ആഹാരമേ കഴിക്കില്ല അത്ര വേലയുണ്ട് ഉള്ളിൽ കഴിച്ച ആഹാരം ആൻഡ് ഡൈജഷനുള്ള പണി നമ്മളുടെ അടുത്താണെങ്കിൽ വായിലൂടെ ഇടണം എന്നിട്ട് ഇവിടെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കണം ഇവിടെ ഒരു ചക്രം ചുറ്റണം ഡൈജഷൻ എന്നിട്ടൊരു തുറന്നു വിടണം ഇതൊക്കെ നമ്മളുടെ കയ്യിൽ തന്നാൽ എന്തും ഒന്നും തന്നിട്ടില്ല ഭഗവാൻ എല്ലാം അഹ മഹാശക്തി വാസ്തവത്തിൽ നമ്മള് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഇല്ല വെറു ഒരു വിഭ്രാന്തി എല്ലാം യാവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത ക്ഷുതാരൂപേണ സംസ്ഥിത സ്മൃതിരൂപേണ സംസ്ഥിത എല്ലാം ഒരു മഹാശക്തി ഇരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു ഉറക്കം എങ്ങനെ വരണോന്നറിയില്ല ഉറക്കം വരുന്നു ആർക്കെങ്കിലും അറിയോ ഉറക്കം വരാൻ എന്തെങ്കിലും സ്വിച്ച് വലതുകൊണ്ടോ ഒന്നുമില്ല രാവിലെ ഉറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ എഴുന്നേക്കണു അറിയില്ല എഴുന്നേക്കണു സ്മൃതി എങ്ങനെ വരണോ അറിയില്ല സ്മൃതി വരണു ഒന്നും സ്വേച്ഛയാ അല്ല നടക്കുന്നത് ആ ശക്തി പല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ അതിന്റെ നടുവിൽ ഒരു അഹങ്കാരം പൊന്തി വരുന്നു ഞാൻ ചെയ്യണോ ഞാൻ ചെയ്യണോ ഞാൻ ചെയ്യണു ഒന്നും ചെയ്യാതെയും ഞാൻ ചെയ്യണു എല്ലാം ആ ശക്തിയുടെ കൺട്രോളിൽ നടക്കണം അപ്പൊ ഗജേന്ദ്രന് ഇപ്പോഴാണ് അത് പിടികിട്ടിയത് ഇത്ര നേരം തന്റെ ശക്തി മറ്റുള്ളവരുടെ ശക്തി ശക്തി ആരുടെയും അല്ല ശക്തി ശക്തിയുടെ ആ ശക്തിയുടെ നടുവിൽ ഒരു ഞാൻ എവിടുന്നോ പൊന്തി വരണം അതെവിടുന്ന് പൊന്തി വരണോ എന്ന് ആരാഞ്ഞു നോക്കിയാൽ അതില്ല എന്ന് മനസ്സിലാവും അപ്പൊ ആ ശക്തി മാത്രം സ്വതന്ത്രമായി പ്രവർത്തിക്കും തടസ്സമില്ലാതെ പ്രവർത്തിക്കും അപ്പൊ ഗജേന്ദ്രന് മനസ്സിലായി ഒന്നും പ്രയോജനപ്പെടില്ല യഹ് കശനേശോ ബലിനോന്തോരകാത് പ്രചണ്ഡവേഗാദിധാവതോ ഭൃഷം ഭീതം പ്രപന്നം പരിപാതിയത്ഭയാത്ത് മൃത്യുഹൂ പ്രധാവതി അരണം തമീമഹീത് സർവേശ്വരന്റെ ശക്തി കൊണ്ടാണോ മരണം ഇവിടെ ഓടി നടക്കുന്നത് ഏത് സർവേശ്വരന്റെ ശക്തി കൊണ്ടാണോ ഈ പ്രപഞ്ചത്തില് കാലചക്രം ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ആ മഹാശക്തിക്ക് ഞാൻ ശരണാഗതി ചെയ്യുന്നു പരിപൂർണമായ അടക്കം ശരണാഗതി ചെയ്തതോടുകൂടെ ഗജേന്ദ്രന്റെ ഉള്ളിൽ ഉപനിഷത്ത് ഉണർന്നു ഒറങ്ങിക്കടന്ന ബ്രഹ്മവിദ്യ ഉണർന്നു ഓം നമോ ഭഗവത്തെ തസ്മൈ യതയേതച്ചിത്മകം പുരുഷാ ആദിബീജാ പരേഷായ വിധീമഹീസ്ദം യദശ്ചേദം യനേദം യൈദം സ്വയം യോസ്മാരസ്മാ പര തപേ स्वयं ഭുവ ആർത്തിവ്യക്തപ്രാത്തനജ്ഞാനഭക്തി ശുണ്ടോക്ഷിപ്ത പുണ്ഡരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷം സ്വന്വഗാദീ പരാത്മൻ പൂർവാഭ്യസ്തം എന്ന് പറഞ്ഞു പൂർവജന്മത്തിൽ അഭ്യസിച്ചതായ നിർവിശേഷമായ നിർവികാരമായ നിർഗുണമായ സ്തവം ആർത്തിവ്യക്തപ്രാത്തനജ്ഞാനഭക്തി ജീവന് പൂർവ്വജന്മത്തിൽ ജ്ഞാനവും ഭക്തിയും ഒക്കെ അഭ്യസിച്ചിട്ടുണ്ട് ഇപ്പോ ഈ ആനയുടെ ശരീരത്തിൽ പ്രാരബ്ധം അവസാനിക്കാനായപ്പോ പൂർവ്വജന്മത്തിൽ പഠിച്ചതായ ഉപനിഷത്ത് പൊന്തി പൂർവജന്മത്തിൽ അനുഭവിച്ചതായ ഉപനിഷത്തത്വം അഭ്യസിച്ചതായ ഉപനിഷത്തത്വം പൊന്തി പൂർവാഭ്യസ്ഥം നിർവിശേഷ ആത്മനിഷ്ഠം ആത്മനിഷ്ഠയെ ബ്രഹ്മവിദ്യ പൊന്തി അതാണ് പ്രണവത്തോട് ആരംഭിക്കണം വളരെ അപൂർവം രണ്ടു മൂന്ന് സ്തുതികൾ മാത്രമേ ഭാഗവതത്തിൽ പ്രണവത്തോടെ ആരംഭിക്കണുള്ളൂ ഓം നമോ ഭഗവതേ തസ്മൈ യതേത ചിതാത്മകം ഈ പ്രപഞ്ചം മുഴുവൻ എവിടെ നിന്ന് പൊന്തി ചിത് ഏവ ആത്മ ചിതാത്മാവായിട്ടുള്ള ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഒരേ ഒരു ഉള്ളൂ ചിത്ത് ബോധം ബോധമാവുന്ന കണ്ണോടുകൂടിയുള്ളതാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിനെ മുഴുവൻ ബോധമാവുന്ന കണ്ണുകൊണ്ട് കാണുന്നു ബോധമില്ലെങ്കിൽ പ്രപഞ്ചത്തിനെ ആർക്കും കാണാൻ ഒക്കുകയില്ല പ്രജ്ഞാനേത്രോ ഹി ലോക പ്രജ്ഞ എന്ന് പറയുന്ന നേത്രം കൊണ്ടാണ് ജടവസ്തുക്കളൊക്കെ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് എന്നറിയണം ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവ് കണ്ണുകൊണ്ട് സ്വയമേവ ഉണ്ട് എന്നറിയാത്ത ജടപദാർത്ഥങ്ങളെ കാണുന്നു ജഡപദാർത്ഥങ്ങൾക്ക് ഒന്നിനുപോലും താനുണ്ടെന്ന് അറിയില്ല ഈ മൈക്കിന് ഞാനുണ്ട് എന്നറിയില്ല മൈക്കിന് സ്വയമേവ താനുണ്ടെന്ന് അറിയില്ല പക്ഷെ നമുക്ക് നോക്കുമ്പോൾ മൈക്കുണ്ട് എന്ന് അറിയണു കാരണം എന്താ ഞാൻ ബോധമാവുന്ന കണ്ണുകൊണ്ട് നോക്കണം ഈ പുറമേക്കുള്ള കണ്ണല്ല കാണുന്നത് മനസ്സുമല്ല കാണുന്നത് ഇതിനൊക്കെ പുറകിലുള്ള ചൈതന്യമാവുന്ന കണ്ണുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ അറിയപ്പെടുന്നു ആ കണ്ണുകൊണ്ട് കാണപ്പെടുമ്പോ കാണുമ്പോ പൊന്തി നാമരൂപങ്ങളാണ് ജഡം അപ്പൊ ഈ ജടത്തിനെ മുഴുവൻ കാണുന്ന ചിതാത്മകമായ ചിതാ ചിത്സ്വരൂപമായ ആ പരമപുരുഷന് നമസ്കാരം യസ്മന് ഇതം യദശ്ശേദം ഏനേദം യയിദം സ്വയം യോസ്മാരസ്മാ പര പ്രപദ്ധ്യേ സ്വയം ഭുവം ഇതൊക്കെ വിട്ടുകളയാതിരിക്കാൻ വേണ്ടി ഭട്ടതിരി തൊണ്ണൂറ്റി ഒന്നാമത്തെ ദശകത്തിന് ശേഷമുള്ള ആ ദശകങ്ങളിൽ ഇതൊക്കെ സംഗ്രഹിച്ചു േദ്വിഭാതം യതയിദവത് യേതംയേത खलु सगलमिदं भासितं സകലമ ഭാസിതം യസ യോ വാചാ ദൂരദൂരെ മുഹുരപ്പ മനസാ യേവാദ്രോ വിദ്യു തമ പുനരപരെ കൃഷ്ണ തസ്മൈ നമസ്തേ യസ്മിൻത വിഭാഗം ഏതൊന്നിൽ നിന്നാണോ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവൻ പൊന്തി വരുന്നത് യഥൈതമഭവത് ഏതൊരുത്തനിൽ പ്രകാശിക്കുന്നുവോ ഏതൊരുത്തനിൽ നിന്നും വന്നുവോ യഥിതമഭവത് ഏനചേതം ഏതൊരുത്തൻ പുറകിൽ ഇരിക്കുന്നത് കൊണ്ട് ഇത് ചേതനാവത്തായിട്ട് കാണപ്പെടുന്നുവോ ഏനചേതം യയേതത് ഈ കാണുന്ന വിശ്വം ഏതൊരുത്തന്റെ തന്നെ ശരീരമാണോ ഏതൊരുത്തനേ വിശ്വമേ സ്വരൂപമായി വിശ്വാകാരം ഗഗന സദൃശം രണ്ടുവിധത്തിലും പറയാം വിശ്വാധാരം വിശ്വാകാരം വിശ്വമേ രൂപം കൊണ്ടു നിൽക്കുന്നുവോ ഏനേദം യ ഇതം യോസ്മാത് ഇതിനപ്പുറമാണോ ഇതിനൊക്കെ അപ്പുറമുള്ള ബോധവസ്തുവായി നിൽക്കുന്നുവോ അങ്ങനെയുള്ള ആ പരമപുരുഷന് നമസ്കാരം അത് തന്നെയാണ് ആ ബ്രഹ്മം തന്നെയാണ് കൃഷ്ണൻ ആ ബ്രഹ്മസ്വരൂപമായ കൃഷ്ണന് നമസ്കാരം ആ ഭഗവാൻ ആരാണ് അയാൾ ആ ഭഗവാൻ എങ്ങനെ ഉണ്ടാവും ജഗത്തിനു മുഴുവൻ പരമകാരണമായ ഭഗവാൻ എങ്ങനെ ഉണ്ടാവും അദ്ദേഹം സ്ത്രീയാണോ പുരുഷനാണോ നപുംസകമാണോ എന്താണ് അദ്ദേഹത്തിന്റെ ലിംഗം വർണ്ണം എന്ന് വെച്ചാൽ സവൈന ദേവാസുരമർത്യതിര്യം ന സ്ത്രീ ന ഷണ്ടോ നിഷേധ ശേഷോ ജയതാ അശേഷ ആ പരമാത്മാ ആ പ്രഭു നായം സവൈന ദേവ അസുര മർത്യ തിര്യം അദ്ദേഹം ദേവനല്ല അസുരനല്ല മർത്യൻ മനുഷ്യനല്ല തിര്യക്കുകൾ ഒന്നും തന്നെ അല്ല നീ ആ പ്രഭു സ്ത്രീയല്ല ന പുമാൻ ആ പ്രഭു ഷണ്ട നപുസകവുമല്ല പിന്നെ എന്താ സത്വം രജസ് തമസ് എന്നുള്ള മൂന്ന് ഗുണങ്ങളും അവനല്ല ന ഗുണഹ പിന്നെയോ ചലിക്കുന്ന കർമ്മ കർമ്മമൊന്നും അവനല്ല ചലിക്കുന്ന ഒരു വസ്തുവും അവനല്ല അവനുള്ളതുമല്ല ഇല്ലാത്തതുമല്ല ഇങ്ങനെ എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന അറിവ് ആ തള്ളുന്ന ആളും അവിടെ പോകും ഇതല്ല അതല്ല എന്ന് ഒരുത്തം പറയുന്നുണ്ടല്ലോ അവനാര അതല്ല ഇതല്ല എന്ന് തള്ളി തള്ളി തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ഞാൻ ഈ ഞാൻ എന്ന് പറയുന്നത് എന്താണെന്ന് ആരാഞ്ഞു നോക്കി ഞാൻ എന്നുള്ളത് എവിടുന്നൊന്നും ഉദിച്ചുവോ അവിടെ അടങ്ങുമ്പോ ആ അടങ്ങുന്ന സ്ഥലത്ത് പ്രകാശിക്കുന്ന അഖണ്ഡ ബോധം ശിവം ശുദ്ധമായ ചൈതന്യം ശുദ്ധമായ സാന്ദ്ര ആനന്ദ അവബോധാത്മകം കർത്തൃത്വ ഭോക്തൃത്വം ഇല്ലാതെ ദ്വൈതത്തിന്റെ ലേശസ്പർശം പോലുമില്ലാതെ അനന്താകാശം പോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന തന്നിൽ താനല്ലാതെ മറ്റൊരു പൊരുളെ വെച്ചുകൊണ്ടില്ലാ വെക്കാത്ത ഒരു വസ്തു തന്നിൽ താനല്ലാതെ മറ്റൊരു പൊരുളെ നിർത്തില്ല അങ്ങനെയുള്ളതായ ശുദ്ധമായ ചൈതന്യം പരമാത്മ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു അങ്ങനെ ഹൃദയത്തിൽ അവനെ കണ്ട ശേഷം കണ്ണു തുറന്നു നോക്കിയാൽ ആ നിർവികൽപ്പ സമാധി അനുഭവിച്ച് കണ്ണു തുറന്നു നോക്കിയാൽ ആ ഭഗവാൻ തന്നെയാണ് എല്ലാം എന്തിനുമൊക്കെ അല്ല പറഞ്ഞു അതൊക്കെ അവൻ തന്നെ കണ്ടെന്ന് തുറന്ന് ഋഷി പറഞ്ഞു ഭഗവാനെ അവിടുന്ന് ഒന്നുമില്ലല്ലോ എല്ലാം പ്രഭു അവിടുത്തെ സ്വരൂപം ത്വം സ്ത്രീ പുമാനസി ത്വം കുമാര ഉത്ത കുമാരി ത്വം ജീർണോ ദേന വഞ്ചസി ത്വം ജാതോഭവസി വിശ്വതോ മുഖ പ്രഭു അവിടുന്ന് തന്നെ സ്ത്രീ അവിടുന്ന് തന്നെ പുരുഷൻ അവിടുന്ന് തന്നെ കുമാരൻ അവിടുന്ന് തന്നെ കുമാരി വൃദ്ധനായി വടികുത്തി നടക്കണതോ അവിടുന്ന് തന്നെ കാണുന്നതൊക്കെ അവിടുത്തെ സ്വരൂപം അവിടുന്നല്ലാതെ ഒന്നുമില്ല അർഹം വായും അഗ്നിം സലിലം മഹിംഷ ജ്യോതിംഷി സത്വനി ദിശോ ദ്രുമാദീൻ സരി സമുദ്രാംശഹരേ ശരീരം യത്കിഞ്ചഭൂതം പ്രണമേത് അനന്യ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഹരിയുടെ ശരീരം ഭഗവാന്റെ ശരീരം ഭഗവാനല്ലാതെ ഇവിടെ ഒരു വസ്തുവുമില്ല ഏകമേവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന നാനാവസ്തുക്കൾ ഒട്ടുമില്ല എന്നുള്ള പരിപൂർണ അനുഭൂതിയിൽ ഗജേന്ദ്രൻ ഭഗവാനെ ഉപനിഷത് സ്വരൂപമായി സ്തുതിച്ചു അങ്ങനെയുള്ള സ്തുതി കേട്ട് ഭഗവാൻ ദേവതകളൊക്കെ മാറി നിന്നു അത്രേ ഓരോരുത്തരും ഓരോ ലിംഗാഭിമാനികളാണ് ആ ലിംഗാഭിമാനികളായ ദേവതകളൊക്കെ മാറി നിന്നു ശ്രുവാ സ്ത്രം നിർഗുണസ്തം സമസ്തം ബ്രഹ്മേശാദ്യൈ നഹമിത്യേ സർവാത്മാരുണ് താക്ഷ്യൂഢപ്രേക്ഷിതോത്രം നിർഗുണസ്തം നിർഗുണമായി സ്തുതിക്കുന്നത് കണ്ടിട്ട് ദേവതകളൊക്കെ ബ്രഹ്മേശാദ്യഹ ബ്രഹ്മാവ് മുതലായിട്ടുള്ള ദേവതകളൊക്കെ ഞങ്ങളല്ല ഞങ്ങളല്ല എന്ന് പറഞ്ഞു മാറി നിന്നു അങ്ങനെ മാറി നിന്നപ്പോ സർവാത്മാത്വം സർവഭൂതങ്ങളുടെയും ഹൃദയ ആത്മാവായി വസിക്കുന്ന ഭഗവാൻ ഗരുഡനിൽ പ്രകാശിച്ചു ഗരുഡനിൽ വെച്ചാൽ ഗരുഡൻ വേദമാണ് അറിവാണ് ജ്ഞാനമാണ് ഗരുഡൻ അതും സിമ്പിൾ വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കല്ല ഭാഗവതം പറഞ്ഞു ഭാഗവതം പറഞ്ഞു ഛന്തോമയേന ഗരുഡേന സമൂഹ്യമാനഹ എന്നാണ് ഗരുഡനിൽ പ്രകാശിച്ചു എന്നാണ് ജ്ഞാനസ്വരൂപനായ പ്രജ്ഞാനസ്വരൂപനായ പരമാത്മ ഗരുഡനിൽ പ്രകാശിച്ചു വേദമേ സ്വരൂപമായ ഗരുഡനിൽ ഭഗവാൻ പ്രകാശിച്ചു തെലുങ്കില് പോത്തണ്ണ ഭാഗവതം വളരെ പ്രസിദ്ധം ആ പോത്തണ്ണാ ഭാഗവതം ഈ പോത്തണ്ണ പരമഭക്തൻ അദ്ദേഹം രാമഭക്തനാണ് രാമഭക്തനായ പോത്തണ്ണാമനും ഒരിക്കലും നദിയിൽ സ്നാനം ചെയ്ത് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോ ഭഗവാൻ മുമ്പിൽ ആവിർഭവിച്ച് ഭാഗവതം എഴുതാൻ പറഞ്ഞു പോത്തണ്ണാമനു വലിയ രുചിച്ചില്ല അദ്ദേഹം വിചാരിച്ചു ഞാനോ രാമഭക്തൻ ഭാഗവതം കൃഷ്ണകഥ എന്തിനായി ഭാഗവതം എഴുതാൻ പറയണത് എന്റെ അടുത്താണ് എഴുതാൻ ആദ്യം സമ്മതിച്ചില്ല പക്ഷെ നിർബന്ധിച്ച് വീണ്ടും വീണ്ടും മുമ്പിൽ പ്രകാശിച്ച് പോത്തണ്ണ ഭാഗവതം എഴുതണം എന്ന് അപ്പോഴാണ് പോത്തണ്ണാ പതുക്കെ ഭാഗവതം നോക്കി വ്യാഖ്യാനിച്ചു തുടങ്ങുന്നത് എഴുതിത്തുടങ്ങിയത് തെലുങ്കന് അപ്പോഴാണ് മനസ്സിലായത് എന്തിനു ഭഗവാൻ പറഞ്ഞു എന്നുള്ളത് ഇവിടെ രാമൻ കൃഷ്ണൻ നല്ല പരിപൂർണ പരമാത്മവസ്തു അങ്ങനെ എഴുതിത്തുടങ്ങിയപ്പോ ഈ ഗജേന്ദ്ര മോക്ഷം എത്തിയപ്പോ എഴുതി ഭഗവാൻ ഗജേന്ദ്രൻ വിളിക്കുന്നത് കേട്ടപ്പോൾ അവിടുന്ന് ചക്രമെടുക്കാൻ മറന്നു ശംഖ എടുക്കാൻ മറന്നു ഗതയെടുക്കാൻ മറന്നു ലക്ഷ്മിയോട് പറയാൻ മറന്നു അവിടുന്ന് ഇറങ്ങി ഓടി എന്നാണ് അപ്പൊ അതിന്റെയാണ് ഈ ശ്ലോകം പോത്തണ്ണ ഭാഗവതത്തിന്റെ ഒരു സംസ്കൃത വേർഷൻ ആണ് നിങ്ങൾ ഒക്കെ എടുക്കാൻ മറന്നു ലക്ഷ്മിയോട് പോലും പറയാൻ മറന്നു അവിടുന്ന് ആദ്യശേഷം നിന്ന് എഴുന്നേറ്റ് ഓടിയത്രയും ഓടിപ്പോയി ഒക്കെ മറന്നിട്ട് ഗരുഡനെ പോലും വിളിക്കാതെ ഇറങ്ങി ഭക്തന്റെ ഭാവം ഭഗവാന് ഭക്തരക്ഷയ്ക്കുള്ള ത്വര ഭക്തനെ രക്ഷിക്കാനുള്ള ത്വരയില് ഭഗവാൻ ഗരുഡനെ പോലും വിളിക്കാതെ ഓടി വന്നു അവരൊക്കെ പുറകെ ഓടി വന്നു ചേർന്നു അത്ര ഓടുന്നു കൂടെ ഗരുഡൻ വന്ന് ചേർന്നു ശംഖ വന്നു ചക്രം വന്നു എന്നാണ് പോത്തണ്ണ എഴുതിയത് ഭാഗവതത്ത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു വലിയ പണ്ഡിതൻ മഹാപണ്ഡിതൻ അദ്ദേഹത്തിനും സതുദ്ദേശമാണ് പോത്തണ്ണാമന്റെ ഭാഗവതം എല്ലായിടത്തും പ്രകാശിക്കണം അപ്പൊ അതിനുവേണ്ടി ഒരു പണ്ഡിത സഭ വിളിച്ചുകൂട്ടി പണ്ഡിതന്മാരൊക്കെ വാദിച്ചു അതിൽ ഈ മഹാപണ്ഡിതൻ ഒരാള് വാദിച്ചു എവിടുന്ന് എന്ത് പ്രമാണം വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതി ആ മഹാപണ്ഡിതൻ പോത്തണ്ണാമന്റെ ഒരു സഹോദരനാണ് എന്ത് പ്രമാണം വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതി ഭഗവാൻ ഇങ്ങനെ ശംഖ എടുക്കാതെ പോയി ചക്രമെടുക്കാതെ പോയി ഗരുഡനെ പോലും വിളിക്കാൻ മറന്നിട്ട് പോയി ചെരുപ്പിടാതെ ഓടിപ്പോയി എന്നൊക്കെ എഴുതിയിരിക്കണമല്ലോ ഇത് എന്ത് പ്രമാണം വെച്ചുകൊണ്ട് എഴുതി പോത്തണ്ണ പറഞ്ഞു ഭക്തി തന്നെ പ്രമാണം വേറൊരു പ്രമാണവും വേണ്ട ഭക്തി തന്നെ പ്രമാണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇയാളുടെ മകനും പോത്തണ്ണാവിന്റെ മകളും അവരുടെ ആ വീട്ടിന്റെ കോമ്പൌണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കണം കളിച്ചു ഇയാളുടെ മകൻ എന്ത് ചെയ്തു കുറുമ്പായിട്ട് ഒരു കല്ലെടുത്ത് കിണറ്റിലിട്ടിട്ട് മരത്തിന് പുറകിൽ പോയി ഒളിഞ്ഞിരുന്നു ഈ മകള് പെൺകുട്ടി പേടിച്ചു പറച്ചിട്ട് ഇവൻ കിണറ്റിൽ ചാടിയെന്ന് വിചാരിച്ചു ഓടി വന്ന് അകത്ത് വന്നു പറഞ്ഞു അച്ചാ അച്ചാ അദ്ദേഹത്തിന്റെ മകൻ കിണറ്റില് ചാടി പറഞ്ഞു ഇയാള് അപ്പ സദസ്സൊക്കെ നിർത്തി ഓടി പോയി കിണറ്റിലേക്ക് ചാടി അയാള് ചാടി ഈ പണ്ഡിതൻ കിണറ്റിൽ ചാടി കഴിഞ്ഞപ്പോഴാണ് നീന്താൻ അറിയില്ല എന്ന് അറിഞ്ഞത് നീന്താൻ പഠിച്ചിട്ടില്ല എന്നിട്ട് കിണറ്റിൽ ചാടി അപ്പോഴേക്ക് ഇവരൊക്കെ പുറകെ വന്നു ഒരു വിധത്തില് അയാളെ രക്ഷിച്ചു രക്ഷിച്ചു കഴിഞ്ഞപ്പോ പോത്തണ്ണ അയാളോട് ചോദിച്ചു മകൻ കിണറ്റിൽ ചാടിയിട്ടേ ഇല്ല ചാടി എന്നുള്ള വിവരം കിട്ടിയപ്പോ കയറെവിടെ ബക്കറ്റ് എവിടെ കുട്ടിയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് നീന്താൻ അറിയോ ഇതൊന്നും ആലോചിക്കാതെ ഇതൊക്കെ എടുക്കാതെ എങ്ങനെ ഓടി ഒരു സാധാരണ മനുഷ്യന് തന്റെ മകൻ കിണറ്റിൽ ചാടി തന്നെ മകനെ രക്ഷിക്കാൻ കയറടുക്കണം അല്ലെങ്കിൽ ബക്കറ്റ് എടുക്കണം തനിക്ക് നീന്താൻ അറിയോ ഈ യുക്തിവിചാരമൊന്നുമില്ലാതെ ഒരു സാധാരണ ഒരു അച്ഛം വൈ കനറ്റിൽ ചാടുന്നുവെച്ചാൽ ജഗത്തിനു മുഴുവൻ പിതാഹമസ്യ ജഗതഹ മാതാ ദാത പിതാമഹ വേദ്യം പവിത്രമോകാര റിക്സാമ യജുരേവ ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം എന്ന് പറയണ ഭഗവാൻ രക്ഷയ്ക്ക് അത്ര കണ്ട് ധൃതി കൂട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ് അപ്പൊ ഭക്തിയുടെ രസം അതിൽ യുക്തിയൊന്നും പാടില്ല യുക്തിക്ക് വേറെ തലമുണ്ട് യുക്തി എന്താണ് ജ്ഞാനമാണ് പ്രകാശിച്ചത് എന്നുള്ളത് ശുദ്ധമായ യുക്തി ജ്ഞാനം പ്രകാശിച്ചു ഗജേന്ദ്രന് പരമാത്മ അഭിവ്യക്തി ഉണ്ടായി കണ്ട ഉടനെ അഭിവ്യക്തി ഉണ്ടായി അതാണ് ഇവിടെ പറഞ്ഞത് നിർഗുണമായ പരമാത്മതത്വം പൂർവ്വജന്മത്തിൽ അഭ്യസിച്ചത് മുഴുവൻ പ്രകാശിച്ചു അത് അഭിവ്യക്തി അതേസമയം ഭക്തിയുടെ ഭാപത്തിൽ നോക്കുമ്പോൾ വിളിച്ചാൽ ഭഗവാൻ ആഹൂതൈവമേ ശീഘ്രം ദർശനം എന്ന് നാരദൻ പറഞ്ഞ പോലെ വിളിക്കുമ്പോഴേക്കും വരാൻ തയ്യാറായിട്ടിരിക്കണോ എന്നുള്ളത് അങ്ങനെ മുമ്പില് ഭഗവാൻ വരുന്നത് കണ്ടതോടുകൂടെ ദൂരത്ത് നിന്ന് ഗജേന്ദ്രൻ ഭഗവാൻ വരുന്നത് കണ്ടു സോന്തരസ്ബലേന ഗൃഹീത ആർത്തോ ദൃഷ്ടി ഹരിചക്രം ഉക്ഷിപ്യ സാമ്പുജകരം ഗിരമാഹകരു അഖില ഗുരു ഭഗവന്നമസ്ത്യ സാമ്പുജകരം ഗിരമാഹകൃ്രാത് നാരായണ അഖില ഗുരു ഭഗവേശ്വരാ അഖിലഗുരു ഭഗവന്നമസ്തേ എന്ന് കുന്തീദേവി സ്തുതിച്ചു ഇവിടെ ഗജേന്ദ്രൻ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്താ ഗുരു ഉപനിഷത്തലേ പ്രകാശിച്ചിരിക്കണം അതുകൊണ്ടാണ് ഭഗവാനെ ഗുരു എന്ന് വിളിച്ചത് പരിപൂർണമായി അഹങ്കാരത്തിനെ ഇല്ലാതാക്കി വ്യക്തിത്വബോധത്തിനെ ഇല്ലാതാക്കി താൻ ഒന്നുമല്ലാന്ന് കാണിച്ചിട്ട് അഭിവ്യഞ്ജനമാണ് ഭഗവാന്റെ അനുഗ്രഹം അതാണ് ബ്രഹ്മവിദ്യാ പ്രകാശനം എന്ന് പറയുന്നത് വെറുതെ ഒരു പുസ്തകം പഠിച്ച് വിചാരം ചെയ്തതുകൊണ്ട് പലപ്പോഴും ഉണ്ടാവില്ല ജീവിതാനുഭവം കൊണ്ട് ജീവിതത്തിൽ തകർന്നു തരിവണമായി താൻ ഒന്നുമല്ല എന്ന് ഒരു വശത്ത് അറിയണം അത് ഭഗവാൻ ഒരു അനുഗ്രഹം വേറെ ഒരു വശത്ത് ഞാൻ എല്ലാമാണെന്ന് ഭഗവാൻ പ്രകാശിപ്പിക്കണം അത് വേറെയൊരു അനുഗ്രഹം ഒരു തന്റെ അഹങ്കാരത്തിലും ശരീരത്തിലും തന്റെ സമ്പത്തിലും തന്റെ കൂട്ടാളികളിലും വിശ്വാസം മുഴുവൻ നശിപ്പിച്ചത് അനുഗ്രഹം മുചുകുന്ത ചക്രവർത്തി പറയാൻ പോണു ദശമസ്കന്ധത്തിൽ മുചുകുന്ദൻ പറഞ്ഞു ഭഗവാനെ ആദ്യം ചെയ്ത അനുഗ്രഹം എനിക്ക് എന്റെ രാജ്യം നഷ്ടപ്പെട്ടാണ് പിന്നീട് ചെയ്ത അനുഗ്രഹം എനിക്ക് സത്സംഗം തന്നത് മൂന്നാമത് ചെയ്ത അനുഗ്രഹം അവിടുത്തെ ദർശനം അപ്പോ ആദ്യം താൻ വിശ്വസിച്ചിരിക്കുന്ന അനിത്യവസ്തുക്കളെ എടുത്തു കളഞ്ഞു പിന്നെയോ നിത്യമായ വസ്തുവിനെ കാണിച്ചു കൊടുത്തു അങ്ങനെ ഗജേന്ദ്രന് പരമാത്മ അഭിവ്യക്തി ഉണ്ടായി പരമാത്മപ്രകാശം ഉണ്ടായി ആ മുതലയെ ഭഗവാൻ ചക്രായുധം കൊണ്ട് വധിച്ചു ഹുഹു എന്നുള്ള ഗന്ധർവൻ ദേവലൻ എന്ന ഋഷിയുടെ ശാപം ആ ഋഷി നദിയില് തർപ്പ തർപ്പണം ചെയ്യുന്ന സമയത്ത് ഋഷിയുടെ കാലിൽ ചെന്ന് പിടിച്ചു കുറുമ്പായിട്ട് ഈ ജലജീവിയെ പോലെ കാണിക്കണത് താൻ ഒരു ജലജീവിയായി പോകൂ എന്ന് ശപിച്ചു അങ്ങനെ ഋഷിയെ കാല് പിടിച്ചതിന് കളിയായിട്ട് പരിഹാസമായി കാലുപിടിച്ചതിന് ഒരു ഭാഗവതന്റെ കാലു പിടിച്ചാലേ രക്ഷയുള്ളൂ എന്ന് ശാപമോക്ഷം ഗജേന്ദ്രൻ ആവട്ടെ ഇന്ദ്രദ്യുനൻ പാണ്ഡ്യവംശരാജാവ് ചന്ദനാദ്രിയില് തപസ് ചെയ്യാണ് തപസ് ചെയ്യുമ്പോ അഗസ്ത്യമഹർഷി കാണാമെന്നു ഇന്ദ്രും പാണ്ഡ്യ ഖണ്ഡാധിരാജക്തത്മാന്തചി ത്വസേവായാ മഗ്നതീ ആലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാതിത്യകാമം കുംഭോദ്ഭൂതിരോധാരതബ്ത്മാതികറ്റ്സോപി ലേപേ ഹസ്തീന്ദ്രം ത്മൃതി വ്യക്തിധന്യം അഗസ്ത്യമഹർഷിയെ കണ്ടിട്ട് ബഹുമാനിച്ചില്ല ഭട്ടതിരി ഇവിടെ പറഞ്ഞു മഗ്നധീഹി ഭഗവാനെ ഭജിക്കുന്നതിൽ മഗ്നനായിട്ടുള്ളത് കൊണ്ട് കണ്ടില്ല അഗസ്ത്യൻ പറഞ്ഞു ഒരാനയെപ്പോലെ മതം പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആനയായിട്ട് പോവുക അഗസ്ത്യൻ ശപിച്ചതാണോ അത് ശാപമല്ല അനുഗ്രഹം അഗസ്ത്യൻ എല്ലാവരെയും ഋഷി അഗസ്ത്യന് മേലെ ഒരു ഋഷി ഇല്ല അതാണ് രാമായണം പറയുമ്പോ ബാക്കിയുള്ളവരെയൊക്കെ അത്രം നത്വാധകത്വാവനമത വിപുലം ദണ്ഡകം ചണ്ടകായം എന്ന് പറഞ്ഞ ഭട്ടതിരി നത്വാ അഗസ്ത്യം നമസ്കാരമാണ് ആദ്യം മുമ്പിൽ കമ്പൻ പറഞ്ഞു അത്രേ നെടിയവൻ രാമൻ വയരമുള്ള ആള് അഗസ്ത്യനോ വയരമില്ലാത്ത ആൾക്കുള്ളോ അപ്പൊ കമ്പരാമായണത്തിൽ കമ്പൻ പറഞ്ഞിട്ടുണ്ട് വയരമുള്ള രാമൻ വയരമില്ലാതെ നിൽക്കുന്ന അഗസ്ത്യനെ നമസ്കരിക്കാനായിട്ട് വന്നു എന്നാണ് അങ്ങനെയുള്ള അഗസ്ത്യ മഹർഷി ഇവിടെ ഇന്ദ്രദ്യുനെ ശപിച്ചു വെച്ചാൽ ഇയാൾക്ക് വാസനയുണ്ട് ആനയാവാനുള്ള വാസനയുണ്ട് ആ ശാപത്തിലൂടെ ഭഗവാനെ വിളിച്ചു വരുത്തി ആ ശാപത്തിലൂടെ ഭഗവത് ദർശനം ഏർപ്പെട്ടു അതാണ് ത്വസ്മൃതി വ്യക്തി ധന്യം ആന ശരീരത്തിൽ പൂർവജന്മത്തിൽ അഭ്യസിച്ച സ്മൃതി അങ്ങനെ നിന്നു ചിലപ്പോൾ മനുഷ്യ ശരീരമാണ് അടുത്ത ജന്മം കിട്ടണതെങ്കിൽ പോയി നിൽക്കില്ല ഏതെങ്കിലും വിധത്തിൽ കളങ്കം ആന ശരീരത്തിൽ കളങ്കമേൽക്കാതെ പൂർവ്വജന്മസ്മൃതി ഉണ്ടായിരുന്നതുകൊണ്ട് അത് മുക്തിക്ക് സോപാനമായിട്ട് തീർന്നു അഗസ്ത്യന്റെ അനുഗ്രഹം അങ്ങനെ ഗജേന്ദ്ര മോക്ഷം ഇനി അടുത്തത് അമൃതമനം കഥ നമുക്കൊരു കുറച്ച് അധ്യായം വായിച്ചിട്ടാണ് യും നടന്നില്ല സർവത്ര ഗോവിന്ദനാമസീർത്തനം